പ്രവൃത്തി ചെയ്യുമ്പോ ഈ സന്യസിച്ചിട്ടാണ് ചെയ്യണതെങ്കിൽ എന്ന് വെച്ചാൽ ഭഗവതർപ്പണം ചെയ്തിട്ടാണ് ചെയ്യണതെങ്കിൽ മത്പരാഹ അവരെ ഭഗവാൻ പറയണത് ദേഷാമഹം സമുദ്ധർത്ത അവരുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനാണ് അവരെ ഞാൻ ഉദ്ധരിക്കും എവിടുന്ന് മൃത്യു സംസാര സാഗരാത് സ്മരണയാണ് ഭഗവാൻ വേണ്ടത് സ്മരണ ഉണ്ടായാൽ പേർ നിനൈത്തിടവേ പിടിത്തിഴുത്തനെ പെരുമയാറരിവാർ അരുണാചല അക്ഷരമണമാലയിൽ ഭഗവാൻ ഒരു പാട്ടിൽ പാടി ചിന്തിച്ച ഉടനെ പിടിച്ചെഴുക്കാനാണ് അത് ഈശ്വരന്റെ സ്വഭാവമാണ് പിടിച്ചു വലിക്ക ആകർഷിക്കാം ഭഗവത് സ്മരണ ഉണ്ടായ ക്ഷണത്തിൽ ഭഗവാൻ എന്ത് ചെയ്യണു ആകർഷിക്കണം ആകർഷിക്കുമ്പോ ഈ ലോകമൊക്കെ താനേ വിട്ടുപോകും പരമഹംസ പദം എന്ന് പറയണത് ഭഗവത് കൃപയ്ക്ക് പാത്രമായവർക്ക് അവരുടെ പ്രയത്നം കൂടാതെ തന്നെ സിദ്ധിക്കും ഭഗവത് കൃപയ്ക്ക് പാത്രമായവർക്ക് താനേ ലോകം വിട്ടുപോവും വ്യവഹാരമൊക്കെ വിട്ടുപോവും കർമ്മങ്ങളൊക്കെ വിട്ടുപോകും ആർക്ക് അതിന് പ്രാമുഖ്യമുണ്ടോ അവർക്ക് എളുപ്പത്തിൽ സിദ്ധിക്കും നച്ചിരാതെന്നാണ് ഭഗവാൻ അധികം സമയമേ വേണ്ട പരമശിവഭക്തനായ തിരുനാവക്കരശ സ്വാമികളുടെ തേവാറം ആ തേവാറത്തിലൊരു പാട്ടിൽ പറയണു ഒരു സ്ത്രീ പുരുഷനെ ചിന്തിക്കുന്ന പോലെ ഭക്തൻ ഭഗവാനെ ചിന്തിച്ചതിനെ പടിപ്പടിപ്പടിയായിട്ട് പറയാം മുന്നമവനുടയ നാമം കേട്ടാൾ മൂർത്തി അവനൊരുക്കും വണ്ണം കേട്ടാൾ പിന്നെ അവനുടയ വാറൂർ കേട്ടാൾ പേർത്തുമവനൊക്കെ തന്നെ മറന്നാൾ തൻ നാമം കേട്ടാൾ അകളിടത്താ അകൾ അകളിടത്താർ ആചാരത്തെ അന്നയും അത്തനെയും അണ്ടേ നീത്താൾ തലപ്പെട്ടാൾ നങ്കൈ തലവന്താഴേ ഭഗവത് നാമം കേട്ടോടനെ ഭഗവത് സ്മരണ ഉണ്ടായ സ്വരൂപം ഹൃദയത്തിൽ പ്രകാശിച്ചു അതോടുകൂടെ പതുക്കെ പതുക്കെ ലോകത്തിലുള്ള ബന്ധങ്ങളൊക്കെ പോയി തന്റെ പേരും മറന്നുപോയി എന്നാണ് തൻ നാമം കെട്ടാൾ തനിക്കൊരു പേരുണ്ടെന്നുള്ളത് പോലും പോയി ബാഹ്യമായ ആചാരങ്ങളൊക്കെ വിട്ടുപോയി അകണ്ടാൾ അകളിടത്താറാചാരത്തെ തലൈപ്പെട്ടാൾ നങ്കൈ തലൈവൻ താഴെ ഭഗവാന് പൂർണ്ണമായി ശരണാഗതി ഭഗവാൻ ഒരു പതിവ്രത പതിക്ക് എങ്ങനെ തന്നെ വിട്ടുകൊടുക്കണോ അതുപോലെ ഈ ഭക്തൻ ഭഗവാന് സമ്പൂർണ്ണമായി തന്നെ വിട്ടുകൊടുത്തു അത് എങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ അവൻ പിടിച്ചൂ എന്നാണ് വരണം എമേ വൈഷവൃണുതേ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമിന ചിരാത് പാർത്ത് പതുക്കെ പതുക്ക് പതുക്കെ ഒന്നുമല്ല പെട്ടെന്ന് അങ്ങട് മയ്യാവേശിത് അവരുടെ ചിത്തം എന്നിൽ ആവേശിച്ചുവെങ്കിൽ ഞാൻ അവരെ അങ്ങോട് കടന്നു പിടിക്കും ഭവാമിന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേത്തസാം എന്നിൽ ചിത്തം ചേതസ് ആരുടെയാണോ ആവേശിച്ചിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടിരിക്കുന്നു അവരെ ഞാൻ ഗ്രഹിച്ചുകൊള്ളും അപ്പൊ നമ്മളുടെ നമ്മളുടെ വശത്തുനിന്ന് ചെയ്യേണ്ടത് എന്താ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് സ്മരണം നിരന്തര സ്മരണം ഒരു നെയ്യൊരു പാത്രത്തു നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോ എങ്ങനെ വിചിത്തിയില്ലാതെ ഒഴുകുമോ അതുപോലെ ധാര തൈലധാര പോലെ സ്മരണം ആ ശരീരമൊന്നും വേണ്ട ശരീരം എന്ത് പണിയാന്ന് വെച്ചാൽ ചെയ്യട്ടെ മയി സർവാണികർമാണിത് അതിന് സ്പെഷ്യൽ ഒരു ടൈമേ നീക്കിവെക്കണ്ട സ്പെഷ്യൽ ടൈം മാത്രം അതിനുവേണ്ടി വെച്ചാൽ അത് തുടങ്ങുമ്പോ തുടങ്ങിയിട്ട് അവസാനിക്കും ഇതിപ്പോ തുടക്കവും അവസാനമൊന്നുമില്ല എന്ത് പ്രവൃത്തികൾ നടന്നാലും എന്തൊക്കെ നടന്നാലും ഗോപസ്ത്രീകൾക്ക് അന്തരംഗത്തിൽ എപ്പോഴും കൃഷ്ണൻ എപ്പോ വരും കൃഷ്ണൻ എപ്പോ കൃഷ്ണനെ കാണാൻ ദുസ്സഹ പ്രേഷ്ടവിരഹ തീവ്രതാപദുതാശുഭാഹ സഹിക്കവയ്യാത്ത വിരഹം ആ ഭഗവത് അനുഭവത്തിലുള്ള ആ വിരഹം വരുമ്പോൾ ആ സ്മരണ അനുസ്യൂതം നൈരന്തര്യേണ ഉള്ളിൽ കിടക്കണ പോലെ ആ സ്മരണ ഉള്ളിലുണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഇവിടെ രാമകൃഷ്ണാശ്രമത്തില് ഇപ്പൊ സമാധിയായില്ലോ നിസ്വാൻ സ്വാമി അദ്ദേഹം തൃശൂർ പണ്ട് വന്ന് പ്രഭാഷണം ചെയ്യുമ്പോ സ്വാമിയുടെ അടുത്ത് ഒരു ആള് ചോദിച്ചു സ്വാമിജി ഈ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ എന്താണെന്ന് എല്ലാരും പറയണ്ടല്ലോ അപ്പൊ സ്വാമി പറഞ്ഞു എനിക്ക് ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ ഒന്നും അറിയില്ല എനിക്ക് ഐ നോ ഓൺലി ഡെന്റൽ മെഡിറ്റേഷൻ ഇവര് സ്വാമി തമാശ പറയണം ഡെന്റൽ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താ പല്ലുവേദന വരുന്നവർക്കറിയാം എന്ത് പണി ചെയ്താലും മനസ്സ് പല്ലുവേദനയിൽ തന്നെ ആയിരിക്കണം സദാസമയം മനസ്സിന്റെ ഒരു മുക്കാഭാഗം പല്ലിനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മളീ സംസാരത്തിൽ പെട്ടിരിക്കണമല്ലോ ഭഗവത് ഉണ്ടായില്ലല്ലോ ഭഗവാനെ അനുഭവിച്ചില്ലല്ലോ എന്നൊരു വേദന ഉള്ളത് വന്നാൽ സകല സംസാര നടുവിലും ആ വിട്ടുപോകാതെ അവിഛിന്നമായിട്ട് അന്തരംഗത്തിൽ എവിടെയോ കിടക്കും അത് ആ അനുഭവം ഉണ്ടാവണം വേറെ ബാക്കിയുള്ളതിനെയൊക്കെ ചൊടലക്കുള്ളി ബാക്കിയുള്ളതിനെയൊക്കെ കത്തിച്ചിട്ട് അത് സ്വയം കത്തിക്കളയണ പോലെ ഈ ഒരു വേദന വിരഹം സംസാര താപാവപനം സകല ദുഃഖങ്ങളിൽ നീക്കിയിട്ട് സ്വയം അടങ്ങും എന്തുണ്ടോ അതുണ്ട് വിദ്യാശിഖിനിച്ച വിരത്തെ ത്വന്മയി ഖൽവസ്ഥ അപ്പോ അങ്ങനെ ഒരു ഭാവമുള്ളിൽ അനുസ്യൂതം നൈരന്തര്യ സ്മരണം ആ നൈരന്തര്യ സ്മരണമാണ് എളുപ്പമാർഗം ഭഗവാനും പറഞ്ഞത് അതാണ് അവർക്ക് ഞാൻ വളരെ സുലഭനാണെന്നാണ് നിത്യയുക്ത യോഗിനാണ് അത് പ്രാക്ടീസ് പരിചയം ചെയ്യാം പ്രത്യേകിച്ച് മെഡിറ്റേഷൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നാൽ നമുക്കൊരു സുഖം കുറച്ചു നേരത്തേക്ക് കിട്ടും കാണുന്ന ആളുകൾക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ ഈ നൈരന്തരീയ സ്മരണം ആർക്കും അറിയില്ല നമ്മുടെ ഹൃദയത്തിലാണ് കുടത്തിന്റെ ഉള്ളില് വെക്കുന്ന ദീപം പോലെയാണ് ആർക്കും അറിയില്ല നമ്മൾ എന്തോ പണി ചെയ്തോണ്ടിരിക്കും അടുക്കള പണി ചെയ്തോണ്ടിരിക്കും അടിച്ചു തെളിച്ചുകൊണ്ടിരിക്കും എന്തോ ചെയ്തോണ്ടിരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളില് കുടത്തിൽ വച്ച ദീപം പോലെ ഉള്ളിലെങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും അത് ഒരിക്കൽ തുടങ്ങി അവസാനിക്കണേയില്ല ആ പകലൊന്നുമില്ല അതിന് എന്ത് പണി ചെയ്യുമ്പോഴത് അവിടെ ഉണ്ട് ഉള്ളില് സദാ അങ്ങനെ ഒരു സ്മരണം ഉള്ളില് ഉണ്ടാവട്ടെ ബുദ്ധിസ്ഥിരാ ഭവം ഈശ്വരപാദപത്മസക്താവധൂ വിരഹിണീവ സദാ സ്മരന്തി സദ്ഭാവന സ്മരണ ദർശന കീർത്തനാദിസമ്മോഹിത്തെ ശിവമന്ത്രജപേനപിന്തി ശിവാനന്ദ ലഹരിയിൽ ശിവഭക്തിക്കും ഇതേ ഭാവത്തിനെ തന്നെ ശിവൻ വിഷ്ണു നോക്ക് പേരല്ലേ അന്തർയാമിക്കും ഓരോ പേര് കൊടുക്കണം അത്രയോ ആ ഭാവം ഉള്ളിലുണ്ടായാൽ സ്മരണ എപ്പോഴുണ്ടാവും അങ്ങനെ സ്മരണ ഉണ്ടായാൽ ഭഗവാൻ പറഞ്ഞത് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളുന്നവരെ വലിക്കും രമണ മഹർഷി അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ആശ്ചര്യമായ ഒരു പർവ്വതത്തിനെ കണ്ടു ആ പർവതം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആർത്തനൻ പുതുമൈ ഉയർവലി കാന്ത പർവതമൊരുതരം ഇതനെ ആകർഷിക്കുന്ന ഒരു കാന്തത്തിനെ ഞാൻ കണ്ടുവന്നാണ് ആർത്തനൻ പുതുമൈ ഉയർവലി കാന്ത പർവ്വതമൊരുതരം ഓർത്തിടും ഉയരൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖമായ ഈർത്തതയ് തൻപോൽ അചലമാശ്ത ഇന്നുയിർ ഓർത്തുയുമിൻ ഉളമതിൽ ഒളിരു ഉയർ കൊലി അരുണമാകിരിയെ കൊല്ലാമൽ കൊല്ലും ഇവിടെ പറഞ്ഞു ഒരു കാന്തം എങ്ങനെ ഇരുമ്പിനെ വലിക്കുന്നു അതുപോലെ ചിന്തിക്കുന്ന സ്മരിക്കുന്ന ആളെ അപ്പ വലിക്കുന്ന ഒരു പർവ്വതത്തിനെ കണ്ടു ഈ പർവ്വതം ബാഹ്യമായിട്ട് പറയുമ്പോൾ ബാഹ്യമായിട്ട് അരുണാചലം അതേ ആ പാട്ടിനെ ഉള്ളിലുള്ള അന്തര്യാമിക്ക് അർത്ഥം കൊടുത്തു പറഞ്ഞാൽ ഉള്ളില് ആ അന്തര്യാമി ഉയർവലികാന്ത പർവതം എന്നാണ് ഉള്ളിൽ ഈ മനസ്സിനെ ആകർഷിക്കണം ഓർത്തിടുമുയ ഒരു പ്രാവശ്യം ഓർത്താൽ തന്നെ ചേഷ്ടയെ ഒടുക്കി ബുദ്ധി മനസ്സും കഴിഞ്ഞ് ചേഷ്ടയൊക്കെ വിട്ട് തന്നിലിരിക്കണം അതിനെ ചിന്തിച്ചാൽ കൊല്ലാമലേ കൊല്ലും അരുമരു കൊണ്ടുണ്ട് അവനിയിൽ അതുതാണ് അരുണമാതിരമന അറിവിയത് ഈ സകല രോഗത്തിനും അതെങ്ങനെയുള്ള ആളുകൾക്കാണ് വരണമെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ പല ദുഃഖങ്ങൾ അനുഭവിച്ച് ഉടൽ വിട്ടിട വിറക് കരുതിയേ തെരുവിയത് ഈ ശരീരം ഉപേക്ഷിക്കാനായിട്ട് ഈ ശരീരത്തിന് രക്ഷപ്പെടാനായിട്ട് എന്താ വഴി ആലോചിച്ച് നടക്കണവര് പല ദുഃഖങ്ങളുണ്ടായി വിരകെന്ന് വെച്ചാൽ ഒരു വഴി തെരഞ്ഞുകൊണ്ട് നടക്കണവരെന്നാണ് അർത്ഥം പക്ഷെ ഞാൻ ചിലപ്പോൾ മലയാളത്തിൽ തമാശ പറയും വിറക വിറക എന്നുള്ളത് തമിഴില് വാക്ക് വേറെ അതായത് മരണത്തിന് വിറകൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിൽക്കാം വെച്ചാൽ മതിയായി അവർക്ക് അവർക്ക് ഇനി മരിക്കാൻ കാത്തുകൊണ്ടിരിക്കുമെന്നും വേണ്ട കരുത്തിനുൾ ഒരുകാൾ കരുതിടെ കൊല്ലാമലേ കൊല്ലും അരുമരുന്തുകൊണ്ടുണ്ട് അവനിയിൽ നിന്ന് ഈ ഭൂമിയിൽ തന്നെ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് കൊല്ലാമലേ കൊല്ലും ചാവാതെ തന്നെ മരണത്തിന്റെ സൗഖ്യം എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ദുഃഖങ്ങളൊക്കെ വിട്ടുപോകുന്നതും ശരീരത്തിന്റെ വൈഷമ്യങ്ങളൊക്കെ നമുക്ക് സുഷുപ്തിയിൽ എന്ന വെണ്ണം വിട്ടുപോകുന്നതും പരമസൗഖ്യത്തിനെ പ്രധാനം ചെയ്യുന്നതുമായ ഒരു മരുന്നുണ്ട് ആ മരുന്ന് എവിടെയാ ഉള്ളത് ഉള്ളിലുണ്ട് അത് ഒരു പ്രാവശ്യം ഓർത്തിടും ഉയരും ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ തന്നെ ചേഷ്ടയെ ഒടുക്കി മനസ്സിനെയൊക്കെ അടക്കി സ്വരൂപത്തിലിരുത്തി നമ്മളെ നിവൃത്തരാക്കും വിമുക്തരാക്കും അങ്ങനെ ഒരു മരുന്നുണ്ട് ആ മരുന്നാണ് എല്ലാവരുടെ ഉള്ളിലും മരുന്നിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നടക്കണത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ മരുന്ന് നമ്മളുടെ ഉള്ളിലാണുള്ളത് ശിവ വിശ്വസ്യതീ ശിവാരുദ്രസ്യ ഭേഷജി തയാനോ മൃഡജീവസേ വേദം തന്നെ പറയണത് വിശ്വസ്യ ഭേഷജി ലോകത്തിന് മുഴുവൻ മരുന്ന് ആ മരുന്ന് എവിടെയുണ്ട് എല്ലാവരുടെയും ഉള്ളിലും ആ മരുന്ന് എല്ലാവരുടെ ഉള്ളിലും ആ മൃത്യുവിനുള്ള മരുന്നുണ്ട് ആ മരുന്നിനെ അറിഞ്ഞാൽ മൃത്യോർ മുക്ഷീയമാമൃതാവി അതാണ് സത്സംഗത്തിലുള്ള മരുന്ന് അതാണ് നമ്മള് മരുന്ന് പുറത്ത് അന്വേഷിച്ച് നടക്കേണ്ട ആ മരുന്ന് നമ്മളുടെ ഉള്ളിലുണ്ട് ആ മരുന്നിനെ സേവിക്കണം വീണ്ടും വീണ്ടും സേവിക്കണം അനുസ്യൂത സേവിക്കണം അപ്പോ ദുഃഖമൊക്കെ ഒരു വരും ശാന്തി വരും ഒന്നുമില്ല ശരണാഗതി ചെയ്യാം ഭഗവാനെ വിളിക്കുക പ്രാർത്ഥിക്കാം അങ്ങനെ ഏൽപ്പിക്കുക ജീവിതത്തിന് ഡ്രൈവർ സീറ്റിൽ ഇരിക്കേണ്ട ബാക്ക് സീറ്റിൽ ഇരുന്ന് പഴുകാം ഡ്രൈവറ് കൃഷ്ണനാണ് കൃഷ്ണന്റെ അടുത്ത് അർജുനൻ എങ്ങനെ സാരഥ്യം കൊടുത്തു അതുപോലെ കണ്ണന്റെ അടുത്ത് ജീവിതം കൊടുക്കാം ഭഗവാന്റെ അടുത്ത് ജീവിതം കൊടുക്കാം എന്നിട്ട് സുഖമായിട്ടിരിക്കാം ശരണാഗതി ചെയ്തിട്ട് സുഖമായിട്ടിരിക്കാം സ്വസ്ഥമായിട്ടിരിക്കാം സ്വതന്ത്രമായിട്ടിരിക്കാം ഈ ക്ഷണത്തിൽ തന്നെ വിമുക്തർ അച്ചിരാത് വിമുക്ഷത ചിരാത് പതുക്കേ പറഞ്ഞില്ല ഇപ്പോ ആ ഒരു ആനന്ദം ഭക്തന് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് ഭക്തന് ഭക്തിമാർഗത്തിൽ ഉള്ള ലാളിത്യം എന്താ അമ്മയും അച്ഛനും ഉള്ളപ്പോ കുട്ടികളെങ്ങനെ സന്തോഷമായിട്ടിരിക്കോ അതുപോലെയാണ് ഇടയ്ക്ക് വിഷമം നോക്കുണ്ടാവും നല്ല പിട കിട്ടും അടികിട്ടും അടി കിട്ടുമ്പോ രാമലിംഗസ്വാമികൾ പാടി അടിച്ചത് മതി ഇനി ഇത്തിരി എടുത്ത് കെട്ടി ഒരു ചുംബനം തരണമെന്നാണ് എന്താണെന്ന് വെച്ചാൽ അമ്മയോ അച്ഛനോ ഉള്ളപ്പോ അമ്മ അടിച്ചാൽ അച്ഛനെടുത്ത് കെട്ടിപ്പിടിക്കും അച്ഛനടിച്ചാൽ അമ്മയെടുത്ത് കെട്ടിപ്പിടിക്കും ഇപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാണ് രണ്ടും ഒരാളാണെന്നോ അപ്പൊ ചെയ്ത ആളെ അടിച്ച് ആളെ ആലിംഗന തടിത്തവോർ മകനെന്തീർത്താൽ തായുടൻ അണെപ്പൾ തായ് അടിത്താൽ പിടിത്തൊരു തന്നെ അണൈപ്പൻ ഇങ്ങനക്ക് ഇനി അണൈത്തിടൽ വേണ്ടും ഇനി ആലിംഗനം ചെയ്യണം എന്നാണ് എന്നുവെച്ചാൽ എനിക്ക് അപ്പേഷിയ തയും തായും അമ്മയും അച്ഛനും ഒരാളാണ് പൊടിത്തിരുമേനി അമ്പലത്താടും പുണിതനി ആദലാൽ എന്നെ അടിത്തത് പോതും അണൈത്തിടൽ വേണ്ടും അമ്മയപ്പ ഇനി എനിക്ക് എനിക്ക് ഇനി സഹിക്കവയ്യ തല് രണ്ടും ഒരാളാണ് അപ്പൊ എത്ര സൗലഭ്യണ്ട് നമുക്ക് അമ്മയും അച്ഛനും ഒരിക്കലും വിട്ടുപോകാത്ത അമ്മയാണോ ഒരിക്കലും വിട്ടുപോകാത്ത അച്ഛനാണ് പിതാഹ മസ്തഹ മാതാ പിതാമഹ അങ്ങനെ ഒരു അച്ഛനും അമ്മയും കൂടെ ഉള്ളപ്പോ കുട്ടികൾക്ക് നല്ല ധൈര്യമാണല്ലോ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കൂടെ ഇരിക്കണപ്പോ അങ്ങനെ ഭഗവത്ഭാവം ഭാവമുള്ളതുണ്ടെങ്കിൽ സ്വതന്ത്രരാണ് നമ്മൾ വിമുക്തരാണ് നമ്മളുടെ മോക്ഷത്തിന്റെ ചുമതലയും നമ്മളുടെ കയ്യിലില്ല ഏഷാമഹം സമുദ്ധർത്ത മൃത്യുസംസാര സാഗരാ ഭിരാത്മാർത്ഥമയ്യാവേശിതചേത ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഇനി പറയാമോളു മയ്യേവ മന ആദസ്വ മൈബുദ്ധിം നിവേശയാ നിവസിഷ്യസി മയ്യേവ അത ഊർധംന സംശയ ആ ശ്ലോകം നമ്മൾ നാളെ കാണാം നാളെ രാവിലെ പതിപോലെ ഏഴുമണി മുതൽ എട്ട് മണിവരെ രമണ പരാവിദ്യ ഉപനിഷം േ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഓ എത്തു സർവാ കർമാണി മയി സന്യസമത്പരാ അനന്യവ യോന മാം ധ്യയ ഉപാസത്തെ തോമഹം സമുദ്ധർ മൃത്യുസംസാരഗരാത് ഭവാത് പാർ മയ്യവേശിച്ചേതസോക സമർപ്പണം എന്ന് പറയണത് ഗീതയിൽ അവസാനമായിട്ട് ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ വാമയകം ശരണം വജ എന്ന് പറയണത് ഒരു അന്തസ്രോത സ്രോതസ്സായിട്ട് ഗീതയിൽ ഉടനീളം കാണാം അതില്ലെങ്കിൽ ഈ അധ്യാത്മമാർഗം വളരെ ക്ലേശകരമായിട്ട് തീരും ക്ലേശോ അധിക തരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹികത്തിൽ ദുഃഖം ദേഹവത്ഭിരവാപ്യത്തെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകം പറഞ്ഞത് ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ദേഹാഭിമാനത്തോടുകൂടെ ഇരിക്കുന്നവർക്ക് വളരെ വിഷമം പിടിച്ചതായിട്ട് തോന്നും ആ വിഷമത്തിനെ തരണം ചെയ്യാനാണ് ഭഗവാൻ ഒരു ഉപായം പറഞ്ഞത് നിങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട പ്രത്യേകിച്ച് ഇതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട നിങ്ങളിരിക്കുന്ന പ്രവൃത്തികളെ മുഴുവൻ ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവൻ കായേന വാച മനസ്സ ഇന്ദ്രിയേർവ ബുദ്ധ ആത്മനാവ പ്രകൃതി സ്വഭാവാത്ത് യത് കരോമി യദ്ഗത് കരോത്തി എന്തെന്ത് ചെയ്യുന്നുമോ അതൊക്കെ എനിക്ക് സമർപ്പണം ചെയ്യും എന്ന് വെച്ചാൽ ഭഗവാനാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ട് ഇരിക്കുക കോൺഷ്യസ് ആയിട്ട് ഇരിക്കുക ചെറിയ ഒരു കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏകാദശത്തില് പറഞ്ഞു ഒരിടത്തും കാൽപ്പം തെറ്റുകയോ വീഴുകയോ ചെയ്യില്ലഖലേത് നി ഭഗവത പ്രോക്ത ഉപയാഹ്യാത്മലബ്ധംസാ അവിദുഷാം വിദ്ധി ഭാഗവതാ ഹിതാ അതാണ് ഭാഗവതധർമ്മം ഭഗവാൻ ഈ പറഞ്ഞതാണ് ഭാഗവതധർമ്മം സമർപ്പണം ചെയ്തിട്ട് ഭഗവാൻ അർപ്പണം ചെയ്തിട്ട് അവരവരുടെ സ്വധർമ്മത്തിൽ നിസ്സംഗമായിട്ട് അഭിമാനമില്ലാതെ പ്രവർത്തിക്കൂ ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം എന്നെ കൊണ്ടാവില്ല എന്ന് പറയുകയാണെങ്കിൽ തേഷാമഹം സമുദ്ധർത്താഭവാം ഞാൻ പിടിച്ച് കൊണ്ടുപോയിക്കൊള്ളാംന്ന് പോവാൻ കഴിയാത്ത സ്ഥലത്തേക്ക് ആർക്ക് ബലമുണ്ടോ അയാൾക്ക് അർപ്പണം ചെയ്താൽ അയാൾ കൊണ്ടുപോണോ പോലെ ഈ അധ്യാത്മമാർഗത്തിൽ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നു അല്ലേ ഇപ്പൊ തപസ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല പുരാണങ്ങളിലെ ഓരോരുത്തരുടെ തപസ്സൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിയേ തോന്നുള്ളൂ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല അപ്പൊ ഈ കൃപാസിദ്ധാന്തം എന്നുള്ളത് അധ്യാത്മമാർഗത്തിലെ ഏറ്റവും വലിയ സിദ്ധാന്തമാണ് വളരെ വർഷം ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു തമാശ ആയിട്ടൊരു ഇൻസിഡന്റ് പക്ഷെ വളരെ ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്റെ അടുത്തൊരാളെ വാദിച്ചുകൊണ്ടിരുന്നു ഈ കൃപ എന്നൊക്കെ വെറുതെയാണ് ഈ കൃപ കൊണ്ടൊക്കെ സാധിക്കുമോ കൃപ എന്ന് പറഞ്ഞാൽ എന്താ ഈ ദുർബലന്മാരായ ആളുകൾ ബലമില്ലാത്ത ആളുകൾ അവരുടെ ദൗർബല്യത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കൃപ എന്നൊക്കെ പറയണത് അതൊക്കെ അവനവൻ പരിശ്രമിച്ചിട്ട് തന്നെ നേടിയെടുക്കണം പരിശ്രമം കൂടാതെ എന്തെങ്കിലുമൊക്കെ സാധിക്കോ അപ്പൊ ഞാൻ തിരിച്ചങ്ങോട് ചോദിച്ചു ഈ പരിശ്രമിക്കണ ആളാര ഈ പരിശ്രമിക്കുന്ന ഈ ഞാൻ എത്ര നേരത്തേക്ക് നിൽക്കും അതൊക്കെ വെറുതെ നമ്മൾ പറയാം ഒക്കെ ലോകത്തിലൊക്കെ പരിശ്രമം കൊണ്ട് നേടിയെടുത്തതാണ് പരിശ്രമമില്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതെന്തോ ഒരു ആശ്ചര്യമാണ് തൊട്ട മുറിയില് ഒരു ഒന്നാം ക്ലാസ് കുട്ടി മലയാള പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതും മലയാള പാഠത്തിലുണ്ടോ എന്ന് അറിയില്ല ഉറക്ക ഒരു പാട്ടുപാടുകയാണ് പട്ടപ്പൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമോളും പാസായി ഈ വാദം നടക്കുമ്പോഴാണ് ഈ പാട്ട് വരുന്നത് എന്ന് പറഞ്ഞു കേട്ടുനോക്കൂ ഭഗവാനാണ് ഉത്തരം തരുന്നത് വേറെ ആരുമല്ല പട്ടപ്പൂജ്യം വാരിക്കൂട്ടിയ അമ്മണിമോളും പാസായി എന്നുവെച്ചാൽ യാതൊന്നും തനിക്ക് യോഗ്യതയില്ലെങ്കിലും തന്നെ കൊണ്ടൊന്നും കഴിയില്ലെങ്കിലും കഴിയില്ല എന്ന് ബോധവാനായാൽ തന്നെ കൊണ്ടുപോവാനുള്ള ശക്തിയുണ്ട് പട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ അത് സാധനം ചെറുതൊന്നുമല്ല പരമപൂജ്യം പൂജ്യമാണ് പൂർണ്ണം എന്ന് പറയുന്നത് പൂർണ്ണത അപ്പൊ പൂജ്യം എപ്പോഴാണോ നമ്മളെ സാധിക്കില്ല നമ്മളെ ഒന്നും കഴിയില്ല എന്നുള്ള ൂട്ട് റെക്കഗ്നേഷൻ തെളിഞ്ഞ ദർശനം ഉണ്ടായാൽ അനങ്ങില്ല ഈ അഹന്ത ഉള്ളിലോ അല്ലെങ്കിൽ വായകൊണ്ടൊക്കെ നമ്മൾ പറയും നമ്മളെ കൊണ്ട് എന്താ ചെയ്യുക കഴിയുക ഒക്കെ ഗുരുവായൂരപ്പനാണ് എന്തെങ്കിലുമൊക്കെ കാര്യം നല്ലവണ്ണം നടന്നേ എങ്ങനെയുണ്ട് ചോദിക്കും നന്നായിട്ടാണ് നമ്മളെന്ത് ചെയ്യണം ഒക്കെ ഗുരുവായൂർപ്പന എന്നാ പിന്നെ എന്തിനാണ് ചോദിച്ചാൽ അത് വെറുതെ ചോദിക്കുകയാണോ വായവ ഉള്ളിലെ ഞാനാണ് ചെയ്തത് ഒക്കെ ഞാനാണ് അതിന് വേണ്ട ഒക്കെ കിട്ടണം അംഗീകാരം കിട്ടണം എന്നൊക്കെ ഉണ്ട് അംഗീകാരം കിട്ടുമ്പോ സന്തോഷമുണ്ട് എന്നാലും വെറുതെ ഒരു പറയാണ് ഭഗവാൻ ചെയ്തു എന്ന് പറയും അങ്ങനെ ഈ അഹന്ത സ്വയമേവ പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിച്ച് അതിന്റെ മൊനമ്പ് പൊട്ടിക്കഴിയുമ്പോ അപ്പോഴേ ഈ കൃപ എന്ന് പറയുന്ന ശക്തിയെ സ്വയമേവ അകമയ്ക്ക് കാണുകയുള്ളൂ അധ്യാത്മം എന്ന് പറയുന്ന എലമെന്റ് അതുമാത്രമാണ് ബാക്കിയൊക്കെ വെറും പരിശ്രമവും ഫലവും പരിശ്രമം അത് അധ്യാത്മമേ അല്ലല്ലോ ലോകത്തിൽ പണിയെടുക്കുന്ന പോലെ തന്നെ എന്തോ ചെയ്തു എന്തോ കിട്ടി എന്തോ ചെയ്തു എന്തോ കിട്ടി ഇത് കൃപ എന്നുള്ളത് മനസ്സിന്റെ പവറോ ബുദ്ധിയുടെ പവറോ ശരീരത്തിന്റെയോ അഹന്തയുടെയോ അല്ല കഴിഞ്ഞ വർഷം ഞാൻ മഡ്രാസിൽ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരാള് മഡ്രാസ് ചെന്നൈയില് കടലിന്റെ മേലെ കൂടെ ബ്രിഡ്ജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ കടലില് ബ്രിഡ്ജില് കുറെ ആളുകൾ നിന്ന് ചോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കണം അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് എന്താ നോക്കിയപ്പോ അവര് പറഞ്ഞു അറിയില്ല കടലിങ്ങനെ അതായത് ഈ അടയാർ നദി അടയാർ റിവർ കടല് ചേരുന്ന സ്ഥലമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നദി ഒഴുകിക്കൊണ്ടിരിക്കണെന്നാണ് നദി ഇങ്ങനെ വന്ന് കടലിൽ ചേരുന്നതിന് പകരം കടലെന്ന വെള്ളം നദിയിലൂടെ വളരെ വേഗത്തില് എതിർവശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണു സുനാമി വന്ന സമയമാണ് അവിടെ അധികം എഫക്ട് ആയില്ല ഈ അടയാർ നദിയുള്ളതുകൊണ്ട് അവിടെ അധികം എഫക്ട് ആയില്ല പക്ഷെ നദിയിലൂടെ കടൽ വെള്ളം കയറി നേരെ എതിർവശത്തിലേക്ക് ബലമായി ഒഴുക ഇതാണ് കൃപ ജീവൻ ഭഗവാന്റെ അടുത്തേക്ക് ആ നദി ഏകദേശം അടുത്തുപേരെത്തിയപ്പോ സമുദ്രം നദിയുടെ ഉള്ളിലേക്ക് കയറി വന്നു ജീവൻ ഭഗവത് സാക്ഷാത്കാരത്തിനു വേണ്ടി കുറേയധികം പരിശ്രമിച്ച് അവസാനം ശരണാഗതി ചെയ്ത് കഴിയുമ്പോ ഭഗവാൻ ഇങ്ങടെ ഭഗവത് ശക്തി ആത്മശക്തി കൃപാശക്തി ഇങ്ങടെ വന്ന് ആൾക്കൊള്ളുക എന്ന് പറയാം പ്രവർത്തിക്ക അങ്ങനെ ഒരു ശക്തിയുടെ ഒരു സ്പർശമുണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് അത്യധികമായ ആനന്ദം ഒരു നിർവൃത്തിയും നമ്മള് വളരെ സുരക്ഷിതരാണെന്നൊരു തോന്നല് ഇനിയൊന്നും ഭയപ്പെടാനില്ല എന്നുള്ള മട്ടില് ആ സംരക്ഷണമൊക്കെ തോന്നണത് കൃപയുടെ മൂർത്ത രൂപമാണ് നമ്മൾ ഗുരു എന്നൊക്കെ അല്ലാതെ ഗുരു എന്ന് പറയണത് ഒരു ശരീരമോ ഒരു വ്യക്തിയോ ഒന്നുമല്ല എന്നുവെച്ചാൽ ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ ഭഗവാൻ മത്സ്യാവതാരെടുത്തുവന്ന് സത്യവർദ്ധന തത്വപദേശം ചെയ്തപ്പോ സത്യവർദ്ധൻ പറഞ്ഞു അനദ്യ അവിദ്യോപതാത്മസംവിത തന്മൂല സംസാരപരിശ്രമാരാതിർച്ചയേഹോപാത യമാനുയു വിമുക്തിദോനഃ പരമോ ഗുരുഭവാൻ അനദി അവിദ്യോപഹതാത്മസംവിത തന്മൂല സംസാര പരിശ്രമമാതുരാഹ ഈ അവിദ്യ എപ്പോ തുടങ്ങി എന്നറിയാൻ വയ്യ അതുകൊണ്ട് ഈ സംസാരത്തിൽ പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് എതിർച്ചയ്യ എതിർച്ചയാ ഇഹ ഉപഗ പെട്ടെന്നങ്ങളുടെ മുമ്പിൽ വന്നിട്ട് യമാനുയുഹു ഏതൊരു ആളെ എതിർച്ചയാ ഭഗവാൻ ഒരു രൂപത്തിൽ വന്ന് തത്വോപദേശം ചെയ്തു ഭഗവത് സാക്ഷാത്കാരത്തിന് പെട്ടെന്ന് ഒരു കാരണമുണ്ടായി വിമുക്തിദ മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവന് നാരായണായനമാ ആ ഉപദേശം കൊടുക്കാൻ ഭഗവാൻ ഒരു രൂപത്തില് മത്സ്യമായിട്ട് വന്നപ്പോ പറയാണ് വിമുക്തിദോനഃ പരമോ ഗുരുഭവാനും ആ കൃപാശക്തി ഏതോ ഒരു രൂപത്തിൽ ആവിർഭവിക്കും ഭഗവാന്റെ അർച്ചനാമൂർത്തി അമ്പലങ്ങളിലൊക്കെ ആവിർഭവിക്കുന്നതൊക്കെ ആ കൃപാശക്തിയാണ് ആ കൃപയാണ് നാമത്തിന്റെ രൂപത്തിലും നാമസങ്കീർത്തനത്തിന്റെ രൂപത്തിലും ശബ്ദമായിട്ടും രൂപമായിട്ടും വ്യക്തിയായിട്ടും ഒക്കെ ആവിർഭവിച്ച് നമുക്ക് രക്ഷയ്ക്കൊരു കാരണമായിട്ട് തീരണം അവതാരം എന്നൊക്കെ പറയണത് കൃഷ്ണാവതാരമത രാമാവതാര കാലത്തിൽ മാത്രമല്ല നമ്മൾക്ക് രക്ഷപ്പെടാൻ ഏതൊക്കെ കാരണമായിട്ട് തീരുമോ അതൊക്കെ ഭഗവാന്റെ ആവിർഭാവം തന്നെയാണ് അങ്ങനെ ആവിർഭവിച്ചു കഴിയുമ്പോ തേശാമഹം സമുദ്ധർത്താ ഭവാമി അവരെ ഞാൻ സമുദ്ധരിക്കുമെന്നാണ് ആ സമുദ്ധരണത്തിന്റെ കഥകളാണ് ഭക്തന്മാരുടെ കഥകളൊക്കെ ചിലപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലും ആയിരിക്കില്ല കഴിഞ്ഞ ജന്മത്തിൽ പ്രാർത്ഥിച്ചതൊക്കെ ഈ ജന്മത്തിൽ ഭഗവാൻ വന്ന് സമുദ്ധരിച്ച കഥകളൊക്കെ ഉണ്ട് ശിവഭക്തന്മാരിലെ സുന്ദരമൂർത്തിസ്വാമികളും പൂർവജന്മത്തിൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചതാണ് പരമേശ്വരന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ജനിക്കേണ്ടി വരും ഇനിയും ഞാൻ കഥയെ കുറച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആയിക്കിട്ട് പറയാണ് കഴിഞ്ഞ ജന്മത്തിൽ തന്നെ പരമശിവഭക്തനായിരുന്നു പരമേശ്വരന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണെന്നാണ് പക്ഷെ അദ്ദേഹത്തിന് ചെറിയ ആഗ്രഹം കാരണം അടുത്തൊരു ജന്മം വിധിക്കപ്പെട്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഭൂമിയിൽ പോയി ജനിച്ചാൽ നിശ്ചയമായിട്ടും ഭഗവാനെ ഞാൻ അങ്ങേ മറന്നുപോകും എന്റെ സാമർത്ഥ്യം മറക്കുന്നതിലാണ് നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ മറക്കും എന്നല്ല പറഞ്ഞില്ലേ മറക്കാൻ നമുക്ക് ബഹുമെടുക്കണം അതുകൊണ്ട് ഭഗവാൻ ഞാൻ മറന്നുപോകും ഞാൻ മറന്നുപോയാലും അങ് എന്നെ വിടരുത് അങ്ങനെയാണ് പ്രാർത്ഥന ഞാനിവിടുന്ന് അങ്ങോട്ട് മറന്നുപോയാലും അവിടുന്ന് തന്നെ വിടരുത് വിട്ടുകളയരുത് ഞാൻ സംസാരക്കുണ്ടില് വീണാലും അവിടുന്ന് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടുവരണം എന്നെ ഉദ്ധരിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനും ഇവിടെ സത്യംജീത്ത് വാങ്ങിച്ചു എന്നാണ് അടുത്ത ജന്മം ഒരു ശിവാചാര്യ കുടുംബത്തിൽ ജനിച്ചു അത്രയധികം ധനവാനായിട്ടുള്ള ഒരു കുടുംബമൊന്നും ധനമുള്ള ഒരു കുടുംബമൊന്നുമല്ല പണക്കാരുടെ കുടുംബമൊന്നുമല്ല പക്ഷെ കുട്ടി കാണാൻ നല്ല ഭംഗിയുള്ള തേജോമയമായ കുട്ടി കുട്ടി ഇങ്ങനെ തെരുവിൽ കളിക്കുമ്പോ ആ നാട്ടിലെ നാട്ടുപ്രഭു ഒരു രാജാവ് കുട്ടിയെ കണ്ടപ്പോ ഇത്ര തേജോമയമായിട്ടിരിക്കുന്നു കുട്ടി ഈ കുട്ടിയെ ഞാൻ എടുത്തു വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് സുന്ദരരെ പേര് തന്നെ സുന്ദരൻ സുന്ദരനെ എടുത്തു വളർത്തി രാജാവ് എടുത്തു വളർത്തി ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ എന്നുള്ളതിന് ഉദാഹരണം പോലെ ജനിച്ചതൊരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലാണ് അതുകൊണ്ട് ബ്രാഹ്മണ സംസ്കാരം കിട്ടി ഐശ്വര്യം ഉള്ള ഒരു കുടുംബത്തിൽ വളർത്തപ്പെട്ടു രണ്ടും ചേർന്നു ശുചീനാം ശ്രീമതാം ഗേഹെ ശൗചം ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് കിട്ടി ശ്രീ ഐശ്വര്യം ഈ പ്രഭു കുടുംബത്തിൽ കിട്ടി ശുചീനാം ശ്രീമതാം ഗേഹെ യോഗഭ്രഷ്ടോപിചാരത്തെ കുട്ടിക്കാലത്ത് തന്നെ തേജോമയമായ കുട്ടിയെ ഈ രാജാവെടുത്ത് വളർത്തി ഒരു യൗവനമായപ്പോ വിവാഹത്തിന് ഏർപ്പാട് ചെയ്തു ആ അതുവരെ പൂർവസ്മൃതി ഒന്നുമില്ല ഗീതയിൽ ഭഗവാൻ ഭരണത്തെ എപ്പോഴോ ഒരു സന്ദർഭം വരുമ്പോ കണക്ഷൻ കിട്ടും എന്നാണ് ചിലപ്പോ ഒക്കെ മറന്നുപോയിട്ട് ജനിക്കും ജനിച്ചിട്ട് എന്താ ശ്ലോകം അടുത്ത ജന്മത്തില് എവിടെങ്കിലുമൊക്കെ ചെന്ന് ജനിച്ചിട്ട് തത്രത്തം ബുദ്ധി സംയോഗം ലഭതയെ പൗർവദേഹികം പൂർവജന്മത്തിൽ എവിടെയോ വിട്ടുപോയ കണക്ഷൻ കിട്ടാൻ പുറമേക്കൊരു കാരണം വേണം ആ ജന്മത്തിൽ ആ കുട്ടിയായി ജനിച്ച് നല്ല ഒരു കന്യകയെ വിവാഹത്തിന് ഈ പ്രഭു ഏർപ്പാട് ചെയ്തു സുന്ദരർക്ക് വളരെ ഇഷ്ടപ്പെട്ടു കല്യാണത്തിനൊക്കെ തീരുമാനിച്ചു അദ്ദേഹത്തിന് കല്യാണത്തിന് വളരെ സന്തോഷത്തോടെ കൂടെ കാത്തുകൊണ്ടിരിക്കുകയാണ് കല്യാണ ദിവസം വരനെ ഭംഗിയായി അലങ്കരിച്ച് തലയിലെ കിരീടമൊക്കെ വെച്ച് പട്ടുവസ്ത്രമൊക്കെ കൊടുത്ത് കല്യാണ പന്തലില് നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് തിരുവാരൂരിൽ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് വിവാഹം നടക്കാൻ പോകണം വിവാഹം നടക്കാൻ പോകുമ്പോഴാണ് അവിടെ ഒരു വൃദ്ധൻ വടിയും പിടിച്ച് ഒരു ബാണ്ഡവും വേറി ഉള്ളിലേക്ക് കയറുവന്നു ബഹളം കൂട്ടിക്കൊണ്ടായി വന്നൂ എന്നാണ് ആ കല്യാണം പന്തലിന്റെ ഉള്ളിലേക്ക് കയറി വന്നു കയറി വന്നിട്ട് പറഞ്ഞു നിൽക്ക നിൽക്ക് നിൽക്ക നിൽക്ക് ഈ കല്യാണം തൽക്കാലത്തേക്ക് നിർത്തിവയ്ക്കൂ എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് സുന്ദരർ ഇങ്ങനെ നോക്കി ഈ ഉള്ളിലേക്ക് കയറി വരണ വൃദ്ധനെ ഉള്ളിലൊന്ന് ഞെട്ടി വർണ്ണിക്കണത് എങ്ങനെയാ ഭക്തന്മാര് വർണ്ണിക്കുന്ന വെച്ചാൽ ഭഗവാനാണ് വരണത് ഉള്ളിലേക്ക് കയറി വരണു കല്യാണം നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു ജീവൻ എപ്പോഴും ലോകത്തിനോടാണ് ആസക്തി കൂടുതലാണ് അപ്പൊ പേടി തോന്നുകയാണ് ഒരു വശത്ത് ഭഗവാനുള്ളിലേക്ക് കയറി വരുന്നുണ്ടെങ്കിലും ഈ വൃദ്ധൻ ഉള്ളിലേക്ക് കയറി വരുമ്പോ പേടി തോന്നുകയാണ് ഭ്രാന്തൻ എന്ന് പറഞ്ഞത് ഉള്ളിൽ കയറി വന്നത് കണ്ടോടനെ പെർവെറുക്കാണ് ഭ്രാന്തൻ അപ്പൊ നാട്ടുകാരൊക്കെ ചോദിച്ചു ആരാ ഈ ഭ്രാന്തൻ ഈ അകത്തേക്ക് കയറി വരുന്ന ഈ വൃദ്ധൻ അയാൾ ഉറക്കം നിലവിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു കല്യാണം ഒക്കെ ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്കും ഇവനും ഒരു പഴയ സംബന്ധമുണ്ട് അത് തീർത്തിട്ട് പിന്നെ കല്യാണം കഴിക്കാം സുന്ദരർ പറഞ്ഞു നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ നിനക്കും എനിക്കും എന്താ പഴയ സംബന്ധം അവൃദ്ധം പറഞ്ഞു ചുണ്ടക്കാ പയൽ ഇന്നലെ ജനിച്ചവൻ നീ ആരാ എന്നെ കാണാൻ എനിക്ക് നിന്റെ മുത്തശ്ശൻ മുതുമുത്തശ്ശൻ പരമ്പര മുഴുവൻ അറിയാം നിന്റെ പരമ്പരയിലുള്ളവരൊക്കെ എന്നെ ചേർന്നവരാണ് എന്നെ സംബന്ധപ്പെട്ടവരാണ് അതുകൊണ്ട് നിന്റെ മുത്തശ്ശൻ എനിക്കൊരു ഓലയിൽ എഴുതി തന്നിട്ടുണ്ട് ഞങ്ങളുടെ പരമ്പരയിൽ വന്നവരൊക്കെ ഈ തിരുവണ്ണൈനെല്ലൂർ അന്ധണൻ അടിമയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നീ എനിക്ക് അടിമയാണ് അനുമതി കൂടാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല സുന്ദരർ ആശ്ചര്യമായിട്ട് നോക്കി ഇയാളെ ഒന്ന് പിടിച്ച് കെട്ടിയിടുക ആരെങ്കിലൊക്കെ കല്യാണം കഴിക്കാതെ നോക്കുമ്പോ ഇയാൾ ഒരു ഒരാൾക്ക് ഇദ്ദേഹത്തിനോട് അടുക്കാനും തയ്യാറാവുള്ള അടുത്തു പോയി കഴിഞ്ഞാൽ അദ്ദേഹം നിലവിളി കൂട്ടണു വർണ്ണിക്കണത് വളരെ രസമായിട്ടിരിക്കും മേലെ ഇട്ടിരിക്കണ തുണിയൊക്കെ ചോട്ടിലേക്ക് വീണു എടുത്ത് മേത്തക്കിടുക വലിയൊരു കൊടവയറുമൊക്കെ ആയിട്ട് ആ രൂപം സുന്ദരർക്ക് ഒരു വശത്ത് സുന്ദരരുടെ മനസ്സിനെ വർണ്ണിക്കുകയാണ് ഒരു വശത്ത് ചീത്ത വിളിക്കുക അത്ര ഈ ആരെയും പിടിച്ച് കെട്ടിയിടൂന്നും വേറെ ഒരു കണ്ട കുട്ടിയുടെ ഹൃദയം എങ്ങനെ ഉരുകുമോ അതുപോലെ വേറെ ഒരു ഈ രൂപം കണ്ടിട്ട് ഒരു ഡബിൾ മൈൻഡാണ് ഈ വൃദ്ധൻ അവിടുന്ന് നിലവിളിച്ചുകൊണ്ട് പറയണോ നീ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ അനുമതി വേണം ഈ വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞു പരമ്പര പരമ്പരയായി നിങ്ങളൊക്കെ എനിക്ക് അടിമയാളാണ് ഇതാ ഇയാളുടെ മുത്തശ്ശൻ എനിക്ക് ഒരു ഓലയിൽ എഴുതി തന്നിട്ടുണ്ട് ഇവിടെയുള്ള പ്രമാണികളൊക്കെ ഇത് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഓല എടുത്തു ഓല എടുത്തതും ഉള്ളിലെവിടെയോ ഈ വാസനയ്ക്ക് സ്വയം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പേടി സുന്ദരർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചാടിപ്പോയിട്ട് ആ ഓല പിടിച്ചു വാങ്ങി ചീന്തി തീയിലിട്ടു അഗ്നി കുണ്ടത്തിലേക്ക് ഇട്ടു എന്നിട്ട് പറഞ്ഞു ഓരോ കള്ളപ്രമാണോ എഴുതിക്കൊണ്ടുവന്നിട്ട് ആളെ പിടിക്കാനായിട്ട് വരിക ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഓലയൊക്കെ ചീന്തിയിട്ടു അപ്പോ അദ്ദേഹം ബഹളം കൂട്ടാൻ തുടങ്ങിക്കൊണ്ട് പറഞ്ഞു കണ്ടില്ലേ ഇവൻ എന്തോ പേടിയുണ്ട് അതുകൊണ്ടാണ് ഇവൻ ഓലചീന്തി കളഞ്ഞത് ഈ ഓല ചീന്തി കളഞ്ഞതുകൊണ്ട് തന്നെ തെളിവാണ് ഇവൻ എന്റെ അടിമയാണ് ഇവൻ എവിടെയോ അറിയാം ഇവന്റെ അച്ഛനോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇവൻ പേടിച്ച് ഈ ഓലചീന്തി കളഞ്ഞത് അതുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ കൂടെ വരണം അവിടുത്തെ ആളുകളൊക്കെ സുന്ദരർക്കാണ് സപ്പോർട്ട് ലോകത്തിലാരും നമ്മളെ ഭഗവത് അനുകൂലമായിട്ടില്ല എല്ലാവരും പറഞ്ഞു ഇയാളെന്താ വിളിച്ചു പറയണം അദ്ദേഹം പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എന്റെ ഓല ഇവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ചീന്തിക്കളഞ്ഞത് ഇപ്പൊ പഞ്ചായത്ത് കൂടണം അപ്പൊ അവര് പറഞ്ഞു ആട്ടെ പഞ്ചായത്ത് കൂടാം ഇവിടെ ഒന്നും പഞ്ചായത്ത് കൂടാൻ പാടില്ലേ എന്റെ ഗ്രാമത്തിലേക്ക് വരണം ഇവിടെ നിങ്ങളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് തിരുവണ്ണൈനല്ലൂർ അടുത്ത ഗ്രാമത്തിലേക്ക് ഇവിടുന്ന് ഇവരെ ഒക്കെ വൃദ്ധ ബ്രാഹ്മണൻ പോവാണ് പോണ വഴി മുഴുവൻ നാട്ടുകാർ മുഴുവൻ ആ വൃദ്ധനെ ചെറുത്ത പറയാണ് അത്ര സുന്ദരരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പേടിക്കണ്ട കുട്ടി നിനക്കൊന്നും വരില്ല ഇയാളുടെ അടുത്ത് എന്ത് പ്രമാണം ഉണ്ടാവാൻ പോണു ഒരു ബ്രാഹ്മണൻ മറ്റൊരു ബ്രാഹ്മണന് അടിമയാവുക എന്നൊരു ഇല്ല എന്തോ ഇയാള് ജൽപ്പനം ചെയ്യാണ് അവിടെ പോയി ജഡ്ജ്മെന്റ് കോർട്ട് ഒക്കെ ശരിയാവും അവിടെ കോർട്ട് കൂടി സഭ കൂടി അവിടുത്തെ രണ്ടുപേരുടെയും വാദം കേൾക്കുകയാണ് സുന്ദരർ പറഞ്ഞു നിങ്ങളെല്ലാരും കേൾക്കൂ ഞാൻ ഈ ശിവാചാര്യ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞങ്ങളുടെ പരമ്പരയിൽ ആരും ആർക്കും അടിമയായിരുന്നതായിട്ട് കേട്ടിട്ടില്ല ഈ ബ്രാഹ്മണൻ എന്തോ ജൽപ്പനം ചെയ്യണോ കല്യാണം നടക്കേണ്ടതാണ് എനിക്ക് ആ സമയത്ത് വന്ന് അതൊക്കെ മുടക്കി എന്നിട്ട് എന്റെ അടിമയാണെന്ന് എന്നെ വിളിച്ചു പറയണു നിങ്ങളൊക്കെ കൂടെ എനിക്ക് ന്യായം തരണം അപ്പൊ ആ ബ്രാഹ്മണനോട് വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇയാളുടെ മുതുമുത്തശ്ശൻ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് പരമ്പര ഞങ്ങൾക്ക് മുഴുവൻ അടിമയാണെന്ന് ആ എഴുതി തന്നത് തീയിൽ കളഞ്ഞു ചീന്തി കളഞ്ഞു അപ്പോ കോർട്ടിലുള്ളവർ പറഞ്ഞു തീയിൽ പോയതുകൊണ്ട് തന്നെ പ്രമാണമൊന്നുമില്ലല്ലോ ഇനിയിപ്പോ എഴുതിയത് എന്താ എന്ന് ആർക്കും അറിയില്ല നിങ്ങൾ പറയണു പരമ്പരയ അടിമയാണെന്ന് എഴുതി കൊടുത്തിരിക്കണമെന്നുള്ളത് അപ്പൊ ഒരിക്കലും ഞങ്ങൾക്ക് വിധിക്കാൻ വയ്യ സുന്ദരർക്ക് അനുകൂലമായിട്ടേ വിധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കോർട്ട് അപ്പൊ ആ പറഞ്ഞു നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെളിയിൽ കാണിച്ചത് ഒറിജിനൽ വേറെ ഉണ്ട് പറഞ്ഞിട്ട് എടുപ്പെന്ന് വേറെ ഒരു കെട്ടെടുത്തു ആ കെട്ട് എത്ര മണിക്ക് വരും ഒറിജിനൽ വേറെ എടുത്തു സുന്ദരർ ഇങ്ങനെ അസ്ത്രപ്രജ്ഞനായിട്ട് നിൽക്കുകയാണ് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തു നോക്കുമ്പോ ഇവരുടെ മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ പരമ്പര പരമ്പരയൊക്കെ ഈ തിരുവണ്ണൈനല്ലൂർ പിത്തന് അടിമയും മുദ്രയൊക്കെ പഴയ മുദ്രയൊക്കെ എടുത്ത് പരീക്ഷിച്ചു നോക്കിയാൽ മുദ്രയൊക്കെ ഒരേ മുദ്രയാണ് ഒന്നും കുഴപ്പമേയില്ല നിവൃത്തിയില്ലാതെ കോർട്ടിലുള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറയാൻ വയ്യാപ്പ നീ പിത്തൻ തിരുവണ്ണൈനല്ലൂർ പിത്തൻ പിത്തൻ എന്ന് വെച്ചാൽ ഭ്രാന്തൻ അർത്ഥം ഈ ഭ്രാന്തന് അടിമയാണ് നിയമപടി നിനക്ക് ഇനി എന്തു വേണമെങ്കിൽ ചെയ്യാം അദ്ദേഹത്തെ അദ്ദേഹം അനുമതിച്ചാൽ കല്യാണം കഴിക്കാം സുന്ദരർ ചെന്ന് നമസ്കരിച്ചു ആ വൃദ്ധനെ എന്നിട്ട് പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ കൂടെ വാ ആളാണ് ഞാൻ ഈ തിരുവണ്ണൈനെല്ലൂർത്തെ ആളാണ് ഇവിടെ നിങ്ങളെ കണ്ടിട്ടേ അങ്ങനെ സുന്ദരരെ കൂട്ടിക്കൊണ്ടുപോയി തിരുവണ്ണൈനല്ലൂർ കോവിലിൽ കടന്നിട്ട് ഭഗവാൻ പൂർവസ്മൃതി കൊടുത്തിട്ട് മറഞ്ഞുപോയി എന്നാണ് കഥ പൂർവസ്മൃതി കൊടുത്തിട്ട് തത്രം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം അങ്ങനെ ഭാവ ഭാവാവിഷ്ഠനായിട്ട് സുന്ദരർ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭഗവാനെ എത്രയോ ജന്മങ്ങളായി എന്റെ പുറകെ അവിടെ നിന്നുണ്ട് അയ്യനെ അനന്ത ജന്മങ്ങൾ എന്നതുളേ എന്നയാണ്ട വയ്യനെ ഉപദേശിക്ക വെളിവന്ത ഗുരുവേ പോറ്റി ഏതോ ഒരു വഴി കാണിക്കാൻ ഭഗവാൻ ഒരു രൂപമെടുത്ത് സ്വേച്ഛോപാത്ത പൃഥക് വപുഹു പ്രത്യേക ഒരു രൂപത്തിൽ മുമ്പിൽ വന്നു നിന്നിട്ട് മറിഞ്ഞും പോയി ഇനിയിപ്പോ എന്റെ കല്യാണമാപ്പിളയായിട്ട് നിൽക്കണം വരനായിട്ട് തലയിൽ കിരീടവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കണം ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് ജീവിതം മുഴുവൻ ഈ വേഷം ഞാൻ ഏത് രൂപത്തിൽ തന്നെ ആൾക്കൊണ്ടുവോ ആ രൂപത്തിൽ തന്നെ ജീവിതം മുഴുവൻ നിൽക്കാം ഇനി ഞാൻ എന്ത് ചെയ്യും കുറുവന്തി അഹൈതുകയും ഭക്തി ഇനിയൊന്നും പർപ്പസില്ല ജീവിതത്തിൽ എപ്പോ ഞാൻ ഭഗവാന്റെയാണ് ഭഗവാൻ വന്ന് നമ്മളുടെ മേലെ സീലി വയ്ക്കണതും നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യണതിനും ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യണതിനും ഭഗവാൻ നമ്മളുടെ മേലെ ശീലി വെച്ചിട്ട് പോകണതിനും ഒരുപാട് വ്യത്യാസമാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യണ വരെ നമ്മളുടെ അഹം കുറച്ചവിടെ നിൽക്കും ഭഗവാൻ നമ്മളെ വന്നിട്ട് ഭഗവാന്റെ സ്വത്താണെന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളില്ല പിന്നെവിടെ ഭഗവാൻ സീൽ വെച്ചിട്ട് പോയിപ്പോ ഇനിയിപ്പോ എന്താ ജീവിതത്തിന്റെ ഒരു പർപ്പസ് നീ എന്തിന് ജീവിക്കണം എന്താണ് ലക്ഷ്യം എന്നെ പാടുക കിട്ടിയ ആ ആനന്ദത്തിനെ വിളിച്ചു പോവുമല്ലാതെ എന്താ വഴി നീ വിളിച്ചു പോവൂ എങ്ങനെ പാടും നീ എന്നെ എങ്ങനെ വിളിച്ചു അങ്ങനെ തന്നെ പാടും എങ്ങനെയാ വിളിച്ചത് ഭഗവാനെ പരമേശ്വരാ എന്നാണോ വിളിച്ചത് ഭ്രാന്ത എന്നാണോ വിളിച്ചത് അല്ലെ വട്ടെന്നാണ് വിളിച്ചത് അങ്ങനെ തന്നെ പാടും എന്നാണ് പിത്താ പിറൈശൂടി പെമാനെ അരുളാദാം ആദ്യത്തെ പാട്ട് പിത്താ പിത്തൻ എന്ന് പറഞ്ഞ് തന്നെ പാടി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു എന്നെ ഇങ്ങനെ ആൾക്കൊണ്ടിട്ട് ശരിക്ക് സീൽ വെച്ചിട്ടില്ല ഗവൺമെന്റ് സീല് ശരിക്കു വെക്കണ പോലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ദീക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്കൊരു ദീക്ഷയുമില്ല അവിടുത്തെ പാദ ദീക്ഷ എനിക്ക് തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ മുഴുവൻ കളിയാണ് ഈ ഭക്തന്മാരുടെ അടുത്ത് ഭഗവാൻ അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ ചിദംബരത്തിലേക്ക് വരൂ ചിദംബരത്തിലേക്ക് വരൂ അപ്പോ അവിടെ നിന്നെങ്ങനെ ഉന്മാദ സ്ഥിതിയിൽ ഉന്മത്തനായി പാടിക്കൊണ്ട് ചിദംബരത്തിലേക്ക് പോവാണ് പോകുന്ന വഴിയൊക്കെ പാടിക്കൊണ്ടുപോയി പോകുന്ന വഴിയില് തിരുവാതികൈ എന്നൊരു ഗ്രാമം അപ്പരസ്വാമികൾ പാടിയിട്ടുള്ള ഗ്രാമം ആ ഗ്രാമം കണ്ടപ്പോ തന്നെ ഇദ്ദേഹത്തിന് കണ്ണീര് വന്നു അകത്ത് പാടില്ല ചവിട്ടാൻ പാടില്ല എന്നുള്ള ഭാവത്തോടുകൂടെ ആ തിരുവാതികയെ പ്രദക്ഷിണം ചെയ്ത് അവിടെ പുറത്തൊരു മണ്ഡപം രാത്രി സമയം ആ മണ്ഡപത്തിൽ കയറി ഇരുന്ന് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കാം കുറെ നേരം ഇരുട്ടിയപ്പോ പിന്നെയും വന്നു ഒരു കഴിവൻ മുഴുവൻ കഴിവനായിട്ടാണ് വരുന്നത് വൃദ്ധനായിട്ട് പിന്നെയും ഒരു ഭാണ്ടൊക്കെ തൂക്കിയിട്ട് വന്ന് ശിവശിവിയിരുന്നു സുന്ദരരെ ഇങ്ങനെ നോക്കി സുന്ദരർ ഏതോ ഭാവലോകത്തിലാണ് ആരും കാണുന്നില്ല ദേഹം വേർത്ത് കുളിച്ച് വന്ന് വീശി അടുത്തു വന്ന് ചില ആളുകളുണ്ടല്ലോ നമ്മളെന്തോ നാമം ജപിക്കാന്ന് വെച്ചാലും ട്രെയിനിലോ മറ്റോക്കെ അവർ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് പോണത് ആദ്യം പിന്നെ നമ്മളെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പിന്നെ അവര് നോക്കിക്കോളൂ പിന്നെ പിന്നെ നമ്മളെ ജപിക്കാൻ സമ്മതിക്കില്ല ഒന്നും സമ്മതിക്കില്ല ഉള്ള നാട്ടുവർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നിർത്തുകയില്ല അതുപോലെ തുടങ്ങി വൃദ്ധൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കല്യാണം കഴിഞ്ഞോ ആ കഥയൊന്നും ചോദിക്കണ്ട തിരിച്ച് സുന്ദരൊന്നും ചോദിക്കണില്ല ആ വൃദ്ധൻ തന്നെ ഇങ്ങനെ ചോദ്യവും ഉത്തരവുമൊക്കെ സ്വയം പറയാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നല്ലത് ഞാൻ രണ്ടുപേരെ കല്യാണം കഴിച്ചു വല്ലാതെ പാടുപാടുകയാണ് രണ്ടു കുട്ടികൾ ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് പോയി ഒരാൾ ശരിയില്ല അയാൾക്ക് തീറ്റ കൊടുത്തിട്ടേ എന്റെ കുടുംബം മുടിഞ്ഞുപോയി വിഷമം സഹിക്കവയ്യാതെ വിഷമെടുത്ത് കഴിച്ചു ഇങ്ങനെയൊക്കെ ഈ സംസാരിക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ എടുത്ത് പറയുകയാണ് സുന്ദരർ കുറെ നേരം കഴിഞ്ഞപ്പോ പറഞ്ഞു പെരിയവരെ ഞാനിത്ര നാമം ജപിക്കട്ടെ അങ്ങ് കിടന്നോളൂ നല്ലത് എനിക്ക് രാത്രി തനിയെ ഉറങ്ങാൻ പേടിയാണ് വയസ്സായില്ലേ അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മണ്ഡപത്തിലെ രണ്ടുപേരും കൂടെ കിടന്നു കിടന്നു കഴിഞ്ഞ് ചിലർ അടുത്ത് കിടക്കാനേ പറ്റില്ല അവരോറക്കത്തിൽ സൈക്കിൾ ഓടിക്കും ബൈക്ക് ഓടിക്കും വട്ടത്തിൽ വട്ടത്തില് കറങ്ങും ഈ വൃദ്ധൻ കുറെ കഴിഞ്ഞപ്പോ വട്ടം കറങ്ങിയിട്ട് കാലെടുത്തിട്ട് സുന്ദരകരുടെ തലയിലേക്ക് അങ്ങോട്ട് കിട്ടും സുന്ദരർ എഴുന്നേറ്റിട്ട് നോക്കിയപ്പോ വൃദ്ധൻ കൂർക്കം വലിക്കുകയാണ് പാവം ഉറക്കത്തിൽ ചിലർക്ക് ആ സ്വഭാവം ഉണ്ടാവും ഒത്തിരി ആ തലയ്ക്ക് വെച്ചിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് ചുരുട്ടി മാറി കുറച്ച് ദൂരത്ത് പോയി കടന്നു ഒരു രക്ഷയില കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വീണ്ടും വട്ടം കറങ്ങി വൃദ്ധൻ അവിടെ വന്ന് കാലെടുത്ത് മേലും വൃദ്ധൻ ഉറങ്ങാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കുണ്ടാകുന്ന പറഞ്ഞിട്ട് വീണ്ടും കെട്ടി മണ്ഡപത്തൊന്ന് ചുവട്ടിലിറങ്ങിക്കിടന്നുകൂ